ഞങ്ങൾ അവർക്ക് കൂട്ടുകാരെ നിശ്ചയിച്ചു അവർ അവർക്കു മുൻപിലുള്ളതും പിന്നിലുള്ളതും മനോഹരമാക്കി കാണിച്ചു അവർക്കു മുൻപ് കഴിഞ്ഞുപോയ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹങ്ങളെപ്പോലെ അവർക്കും ആ വാക്ക് സത്യമായിത്തീർന്നു തീർച്ചയായും അവർ നഷ്ടക്കാരായിരുന്നു